പറയുക വേദക്കാരേ നമുക്കും നിങ്ങൾക്കുമിടയിൽ ഒരുപോലെ സ്വീകാര്യമായ ഒരു വാക്കിന് നിങ്ങൾ വരൂ അള്ളാഹുസുബഹാനഹുവത്തായാലാ അല്ലാതെ നാം മറ്റാരെയും ആരാധിക്കരുതെന്നും അവനോടൊപ്പം യാതൊന്നിനെയും പങ്കു ചേർക്കരുതെന്നും അള്ളാഹുസുബഹാനഹഹൂവത്തായാലാ അല്ലാത്തവരെ നമ്മളിൽ ചിലർ ചിലരെ രക്ഷിതാക്കളാക്കരുതെന്നും ആ വാക്കിതാ ഇനി അവർ പിന്തിരിഞ്ഞുപോയാൽ തീർച്ചയായും ഞങ്ങൾ മുസ്ലിംകളാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ എന്നു പറയുക